ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഒരു എളുപ്പവിദ്യ ഞാൻ പറഞ്ഞില്ല എളുപ്പവിദ്യന്ന് വെച്ചാൽ ഒരുപാട് അധ്വാനിക്കണ്ടാവും എന്നാൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് അത് വലിയ ഒരു മലയാളം വാർത്ത ഇപ്പൊ ഓരുൾ വായിക്ക എന്നിട്ട് അതിന്റെ തന്നെ ഇംഗ്ലീഷും വായിക്ക ഇങ്ങനെ മലയാളം ഇംഗ്ലീഷും മറിച്ചും തിരിച്ചും വായിച്ചോണ്ട് കൊറച്ച് വായിക്കുന്നുണ്ട് ആവൃത്തികളും അവിടെ വന്നായി കേക്കുന്നാണ് ഹും ഞാനേ കേറിക്കോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാണ് എന്നാൽ നലീനമേവ്ഞാനം അർത്ഥാത്മാനുപയതി ചക്ഷുരാധിപതി വച്ചി അപ്പോ സ്വയം പ്രകാശമാണെന്നാണ് പ്രഭാകരൻ പറയുന്നത് പ്രഭാകരണം ഖണ്ഡിക്കാൻ വേണ്ടി ജ്ഞാനം ജഡമാണെന്നുള്ള പക്ഷത്തെ എടുത്തിട്ടാണ് ഇവിടെ ഖണ്ഡിക്കുന്നത് ജ്ഞാനം ജഡമാണെങ്കിൽ പിന്നെങ്ങനെയാണ് ആത്മാവിന്റെയും വിഷയത്തിന്റെയും ജ്ഞാനം ഉണ്ടാകുന്നത് അതാണ് നേരത്തെ ചോദിച്ചത് ഒന്നിന്റെയും ജ്ഞാനം ഉണ്ടാകത്തില്ല ജ്ഞാനം എന്നുവെച്ചാൽ അവിടെ നമ്മള് അനുഭവം എന്ന് പറയും ഈ അനുഭവം എന്ന് എന്തിനാ പറയുന്നത് എന്തിനാണ് അനുഭവം എന്ന് പറയാൻ അനുഭവം എന്തിനാണ് പറയുന്നത് അതായത് ഒരു വസ്തുവിന്റെ കാണും ഒരു വസ്തുവിന്റെ അറിവ് അതിനാണ് അനുഭവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പുസ്തകത്തെ അറിയുന്നു പുസ്തകമെന്നുള്ള അറിവെ ഉള്ളിലുണ്ടായാൽ എന്താണ് അതാണ് അനുഭവം വിഷയജ്ഞാനം അതാണ് അനുഭവം അതിനാണ് അനുഭവം എന്ന് പറയുന്നത് അപ്പൊ വിഷയജ്ഞാനം ഉണ്ടായിന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥം വിഷയത്തെ കുറിച്ചുള്ള അനുഭവം എനിക്ക് ഉണ്ടായിരുന്നതാണ് ആ അനുഭവത്തിന്റെ വിഷയമാണ് പുസ്തകം അപ്പോൾ ഈ അറിവ് ജ്ഞാനം എന്ന് പറയുന്ന ഒരു അനുഭവമായിരുന്നാലേ പറ്റൂ എന്നാണ് കൂടെ പറയുന്നത് അത് ആ അനുഭവത്തിൽ നിന്നും ഭിന്നമായ ഒരു വസ്തു ആകാൻ പാടില്ല അതിനാണ് ജഡവും എന്ന് പറയുന്നത് അങ്ങനെ ആകാൻ പറ്റില്ല അറിവെന്ന് പറയുന്നത് നമ്മുടെ ഈ അനുഭവത്തിൽ നിന്നും ഭിന്നമായ ഒന്നാകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജഗദാന്ത്യം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ അനുഭവം ആ അനുഭവം അനുഭവം എല്ലാ വേറെ ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുസ്തക അനുഭവം അവിടെ ഇല്ല പുസ്തകത്തെ അറിയിക്കുന്നില്ല എന്നർത്ഥം അപ്പൊ അറിവ് എപ്പോഴും അനുഭവമായി തന്നെ ഇരിക്കണം എന്നാലേ നമുക്ക് എന്തിനും അറിഞ്ഞു എന്ന് പറയാൻ പറ്റും അപ്പൊ അനുഭവ ഭിന്നമെന്ന് പറഞ്ഞാൽ അതിന് ജഡവും എന്ന് പറയും അപ്പൊ ഒന്നിനും നമ്മൾ അറിയുന്നില്ല ഇതാണെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പുറു വർഷം പറയണുലീനമേവ വിജ്ഞാനം അർത്ഥാത്മാനു ചുരാധിപതി വച്ചു ഇന്ദ്രിയത്തെ നോക്കാം ഇന്ദ്രിയത്തെ കുറിച്ച് പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന എന്താണ് അത് അതീന്ദ്രിയമാണെന്നാണ് ഇന്ദ്രിയത്തെ നമുക്ക് അറിയാൻ പറ്റും അനുമാനിക്കാനേ പറ്റും കാരണം അത് തൈജസ്വ പദാർത്ഥമാണ് രക്ഷിക്കുന്നത് പക്ഷെ അതെന്ത് ചെയ്യുന്നു അർത്ഥവുമായിട്ട് സന്നിധർഷം എന്ന് വെച്ചാൽ സംബന്ധം സംബന്ധം ഉണ്ടാക്കിയിട്ടെന്ത് ചെയ്യുന്നു ആ വസ്തുവിനെ അറിയുന്നതിന് നമുക്കൊരു കരണമാണ് ഉപകരണമാണ് പക്ഷെ അത് ഉപകരണമായിരിക്കുമ്പോഴും അതിന്റെ അപ്പോ ചക്ഷുരേന്ദ്രിയ എങ്ങനെയാണോ നമ്മൾ അറിയാതിരുന്നിട്ട് നമുക്കതിനെ നമുക്കത് അറിവിനുണ്ടാക്കിത്തരുന്നില്ല മനസ്സിലായ കല്ലും പൊടിയിട്ടുന്നുണ്ട് ചക്ഷുരേന്ദ്രിയത്തെ നമ്മൾ അറിയാതിരുന്നിട്ട് ആ ചക്ഷുരേന്ദ്രിയം നമുക്കറിവിനുണ്ടാക്കിത്തരുന്നത് കാരണം ഞാൻ ഈ പുസ്തകത്തിൽ നോക്കിട്ട് പറയും നിധാ പുസ്തകം ഈ പുസ്തകം നമുക്ക് എന്ന് പറയുന്ന അറിവുണ്ടാക്കാൻ നമ്മൾ സഹായിച്ചെന്താണോ അതിനമ്മളറിഞ്ഞു അപ്പൊ നമുക്ക് അറിവുണ്ടാക്കി തരുന്നോ എന്തിനാ നമ്മൾ അറിയണോ നിർബന്ധമില്ല മനസിലായ അത് നമ്മൾ അറിയാതിരുന്നാലും മതി അത് നമുക്ക് വെളിപ്പെടാതിരുന്നാലും മതി അത് ഒളിച്ചിരുന്നാലും മതി ഇതിനൊക്കെ ചക്ഷുരേന്ത്യത്തെ റിയാതിരിക്കും വെളിപ്പെടാതിരിക്കുക അതുപോലെ ഈ പറയുന്ന അറിവ് അതായത് ഏതൊരറിവാണോ ആത്മാവിനേയും വിഷയത്തെയും പ്രകാശിപ്പിക്കുന്നത് ആ അറിവ് സ്വയം വെളിപ്പെടാതിരുന്നിട്ട് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞാലും യുപോലെന്തോലെ പറയുകയാണ് അന്ന് പ്രഭാവരവര് പറയുന്നതല്ല വെറുതെ പറയുകയാണ് കണ്ണിക്കാൻ വേണ്ടി അതാണ് എന്നുവെച്ചാ നിലീനം ആയിരുന്നു കൊണ്ട് അജ്ഞാതമായിരുന്നു കൊണ്ട് വിജ്ഞാനം ജ്ഞാനം തന്നെ അർത്ഥാത്മാനവും ും വിഷയത്തെയും ആത്മാവിനെയും ബോധിപ്പിക്കുന്നു ചക്ഷുരാധിക എങ്ങനെയാണോ ചക്ഷുരെയും ഒളിഞ്ഞിരുന്നിട്ട് അർത്ഥജ്ഞാനത്തിന് സഹായിക്കുന്നതുപോലെ എന്നു പറഞ്ഞാലോ പൂർവക്ഷണം അതിനെ സിദ്ധാന്തി ഖണ്ണിക്കുന്നു ശരിയല്ല ജ്ഞാപനം ഹി ജ്ഞാനനം ജനിതൻ ജഡംസൻ ൂഷണം പരിവർത്തേത അപ്പൊ അതിനെ നിഷേധിക്കുന്നത് എന്ന് ശരിയാകത്തിന് എന്തുകൊണ്ട് ജ്ഞാനം സംവിത് ഒളിഞ്ഞിരുന്നിട്ട് ആത്മാവിനെയും വിഷയത്തെയും ബോധിപ്പിക്കുന്നു ചക്ഷുന്ദ്രിയപ്പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താണ് പറയാണ് കണ്ണ് പുസ്തകത്തെ ബോധിപ്പിക്കുന്നു പറഞ്ഞ കണ്ണ് പുസ്തകത്തിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്ന അർത്ഥം മനസ്സിലായോ കണ്ണ് പുസ്തകത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണ് പുസ്തകത്തിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കും ഈ പറയുന്ന സംയുത്വം ഏതൊരു സംയുക്തമാണോ അർത്ഥത്തെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്നത് അത് ഈ രണ്ടെണ്ണത്തിന്റെയും ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അതിനെ ബോധിപ്പിക്കുന്നു പറഞ്ഞാ എന്താണ് ഈ സംയുത്വം അതിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്നാണ് ആ സംയത്ത് എന്തോ ആയി കൊള്ളട്ടെ ഈ സംയുത്വം എന്ന് പറയുന്ന സാധനം ചെയ്യുന്നു ചക്ഷിതത്തെ ഇന്ദ്രിയത്തെ പോലെ അർത്ഥത്തെയും ആത്മാവിനെയും ബോധിപ്പിക്കുന്നു എന്ന് വെച്ചാ ഈ രണ്ടിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കും സംയുത്ത് അപ്പൊ മറ്റൊരു ജ്ഞാനം വന്നവിടെ ജ്ഞാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജ്ഞാന ജനനം എന്ന് വെച്ചാ മറ്റൊരു ഞാനും കൂടെ അവിടെ ഉണ്ടാവണം മനസിലായി എല്ലാം പിടിയിട്ടൊന്നുണ്ടോ എന്തോന്നു ആ സാക്ഷിയോ എവിടേക്ക് പോയി അത് ഇന്ന് ഒന്നല്ല അവിടെ പലതാണ് കാര്യങ്ങള് സാക്ഷി ഞാന് എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒന്നും കൂട്ടിച്ചേർക്കരുത് മനസിലായോ ഈ പറയുന്നതിലെന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കണമെങ്കിലോ പിന്നെന്തെങ്കിലും ഒന്ന് കളയണമെങ്കിലോ കുറഞ്ഞുകഴിഞ്ഞ ഒരു നൂറ് ജന്മെങ്കിലും ജനിക്കും ഇപ്പോഴും നടക്കില്ല ഒന്നും കൂട്ടിച്ചേർക്കാനും ശ്രമിക്കരുത് ഒന്നും കുറയ്ക്കാനും ഈ പറയുന്ന കാര്യം തന്നെ എന്തു ചെയ്യണം വെഴുങ്ങണം ഉപ്പ് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇപ്പൊ ചക്ഷുരേന്ദ്രിയം പുസ്തകത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ചക്ഷേന്ദ്രിയം പുസ്തകത്തിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു ഇപ്പൊ സമിത് അത് ആത്മാവിനെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സംയുത്ത് ആത്മാവിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പം അവിടെ രണ്ട് കാര്യങ്ങൾ വരും എന്താണ് സംയത് എന്ന് ജ്ഞാനം സംയുത്വം ജ്ഞാനമാണ് അപ്പൊ രണ്ട് ജ്ഞാനമാണ് സംയത്ത് മറ്റൊന്ന് അത് ഉണ്ടാക്കിയ മനസ്സിലാക്കുന്നു ഏത് ജ്ഞാനം വന്നു കഴിഞ്ഞാലും അവിടെ ചോദ്യം വരും അത് ജഡമാണോ ചോദിക്കും ഈ സംയുക്തമുണ്ടാക്കിയ ജ്ഞാനം ഏതൊരു ജ്ഞാനമാണോ ആത്മാവിനെ ബോധിപ്പിച്ചത് ആ ജ്ഞാനം ജഡമാണോ ആണെങ്കിൽ ജഗദാന്തി നേരത്തെ അതിന് പ്രശ്നം പറഞ്ഞു ഈ സംയുക്തമുണ്ടാക്കിയ ജ്ഞാനം ജഡമാണെങ്കിൽ എന്തോരും ആ ജഡത്തിന് ഒരിക്കലും ആത്മാവിനെയും അർത്ഥത്തെയും പ്രകാശിപ്പിക്കാൻ കഴിയില്ല ജഗദാന്തി അങ്ങനെ പറ ബോധമില്ലാത്ത അവസ്ഥാനം ജ്ഞാപനോന്ന് പറഞ്ഞാ എന്റെ അർത്ഥം ജ്ഞാനജനോ എന്നാണ് ജനിതഞ്ജൻ്ഞാനം അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം ജഡമാണെങ്കിൽ ഈ പറഞ്ഞ ദോഷത്തെ അധിവർത്തിക്കില്ലാന്ന് ഞാൻ എന്ത് ദോഷം എന്താണ് ദോഷം ജഗദാന്ത്യം ജഡമാണെങ്കിൽ ജ്ഞാനം ജഡമാണെങ്കിൽ പിന്നെ ഒന്നും കൂടെ പ്രകാശിപ്പിക്കും ഏകദാന്തി ദോഷം അതിവർത്തേത ആ ദോഷത്തെ ദൂഷണത്തെ അധിവർത്തിക്കില്ല ആ ദോഷം വരും ഇത്യവം ഉത്തര ഉത്തരാണ്യഭിജ്ഞാനി ജഡാനി അപ്പോ എന്തു പറഞ്ഞു സം ആത്മാവിന്റെ ബോധം ഉണ്ടാക്കുന്നു അപ്പൊ സംയത്തിൽ നിന്ന് ഒരു ബോധം ഉണ്ടായി അതെന്താണ് ജഡമാണോ ജഡമാണെങ്കിൽ അതിൽ നിന്ന് ബോധമുണ്ടാകുന്നില്ല അപ്പോ അതിൽ നിന്ന് അപ്പൊ പറയേണ്ടി അത് ആ ജഡമായത് എന്ത് ചെയ്യുന്നു ആത്മാവിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എന്ന് വീണ്ടും പറയേണ്ടി വരും എന്ന് വെച്ചാൽ രണ്ടാമതൊരു ജ്ഞാനത്തെ വീണ്ടും സ്വീകരിക്കുന്നു അത് മൂന്നാമത്തെ ജ്ഞാനമാണ് ഈ ജഡമായ ആ ജ്ഞാനം ആത്മാവിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ ജഡമായ ഈ രണ്ടാമത്തെ ജ്ഞാനത്തിൽ നിന്ന് മൂന്നാമതൊരു ജ്ഞാനം ഉണ്ടാകും ആ ജ്ഞാനത്തിനെ കുറിച്ച് ചോദിച്ചു അത് ജഡമാണോ ജഡമാണോ അങ്ങനെയാണെങ്കിൽ ജഗദാം അങ്ങനെയല്ല ആ മൂന്നാമത്തെ ജ്ഞാനം ആത്മാവിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു ശരി ഉണ്ടായ നാലാമത്തെ ജ്ഞാനം ജഡമാണോ ആണോ ജഡമാണെങ്കിൽ ജഗതാന്തി അതുകൊണ്ട് എന്തു പറയേണ്ടി വരും നാലാമത്തെ ആ ജ്ഞാനം ആത്മാവിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കും അഞ്ചാമത്തെ ജ്ഞാനത്തെ ഉണ്ടാക്കും ഈ അഞ്ചാമത്തെ ജ്ഞാനം ജഡമാണോ ആണെങ്കിൽ എന്ത് വരും ജഗതാന്തി അപ്പൊ ജഗതത്തിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ വീണ്ടും എന്ത് വേണം അഞ്ചാമത്തെ ജ്ഞാനം ഒരാറാമത്തെ ജ്ഞാനത്തെ ഉണ്ടാക്കണം ആറാമത്തെ ജ്ഞാനം എന്താണ് ജഡമാണം ആണെങ്കിൽ ജഗതാന്ത്യം പരിഹരിക്കുന്ന എന്ത് വേണം ഏഴാമത്തെ ജ്ഞാനത്തെ ഉണ്ടാക്കണം ആ ഞാനും ജഡമാണം ഏ ആണെങ്കിൽ ജഗതാന്ത്യം പരിഹരിക്കാൻ എന്ത് വേണം എട്ടാമത് ജ്ഞാനം ഉണ്ടാക്കും ഇങ്ങനെ പോയാൽ വരും കിട്ടിയ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാനേ പറ്റും ഉറക്കം വരയ്ക്കും അപ്പൊ ഇത് ഒഴിവാക്കണമെങ്കിൽ എന്തു വേണം അദ്വൈരി പറയുന്നത് ഏതൊരു ജ്ഞാനമാണോ അർത്ഥത്തെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്നത് ആ ജ്ഞാനത്തെ ജഡമായിട്ടല്ല സ്വീകരിക്കേണ്ടത് പിന്നെന്ത് സ്വീകരിക്കണം സ്വയം പ്രകാശം അപ്പൊ അദ്വൈതമാണ് ഇങ്ങനെ കടന്ന് ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറേണ്ട കാര്യമില്ല ഏതൊരു ജ്ഞാനമാണോ അർത്ഥത്തെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്നതാണ് സ്വയം പ്രകാശം പദ്വീതത്തിലെത്തിയവും രണ്ടാമത്തെ ജ്ഞാനം മൂന്നാമത്തെ ജ്ഞാനം നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ ജ്ഞാനങ്ങളെല്ലാം ജഡാനി ജഡാതീതം എന്ന് കഴിഞ്ഞാൽ ജഗത്ത് ആദ്യദോഷം വരും വീണ്ടും കൽപ്പിച്ചു കഴിഞ്ഞാൽ അനവസ്ഥാനം അതുകൊണ്ട് എന്ത് ചെയ്യണം ഏതൊരു ജ്ഞാനമാണോ അർത്ഥത്തെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം അപരാധീന പ്രകാശ അപരാധീന എന്താണ് സ്വയം പ്രകാശിക്കുന്നതാണ് അപരം സ്വയം തന്റെ പ്രകാശം തനിക്ക് അധീനമാണ് അനിയൊന്നുമില്ല അതാണ് അപരാധീന സ്വയം എന്ത് പ്രഭാസ് അപരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഏ അപരം എന്ന് പറഞ്ഞാൽ അന്യം എന്ന് പറഞ്ഞതും അർത്ഥമാണ് പക്ഷെ അപരം എന്ന് പറഞ്ഞാൽ താണെന്ന് പറഞ്ഞാലും അർത്ഥമാണ് പരമെന്ന് വെച്ചാൽ നാപരം അപരം ഇതാൾക്കാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പരൻ എന്ന് വെച്ച അപരന് വേണ്ടി അഹർ നിശം പറയും അവിടെ എന്തർത്ഥം കൊടുക്കും അപരൻ നടുക്കൂ താനും എടുക്കൂ എന്തുകൊണ്ട് അപ്പരൺ എന്ന് വെച്ചുകഴിഞ്ഞാ ഞാൻ പറയുന്നേണ് അപ്പരൻ എന്ന് പറഞ്ഞു താൻ അപ്പോ അപരന് വേണ്ടി എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി അഹർ ദിശം പ്രയത്നം എന്നുവെച്ചാൽ എന്തുകൊണ്ട് അപരനും താനാണ് അന്യനും താനാണ് എല്ലാം താനല്ലേ തന്നെ നിന്ന് തന്നെ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവനവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അപ്പോ എന്താണ് അപരൻ എന്നുവെച്ചാൽ താൻ താൻ തന്നെയാണ് എല്ലാവൻ എന്ത് ചെയ്യണം അപ്പരന് വേണ്ടി അവർ എന്ന് ചോദിച്ചു തന്നെ തനിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നു എന്താ ദോഷം ഏ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് പല പ്രശ്നങ്ങളും ഉണ്ട് അവിടെ അവരെന്ന് വെച്ചാൽ അന്യനെന്ന് തന്നെ വ്യാഖ്യാനിക്കുന്നു മറ്റേ രണ്ട് രണ്ട് കാര്യങ്ങൾ മനസിലായ അനിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവ്വമെന്ന് പറയുന്ന തത്വചിന്ത തന്റെ തത്വം എന്താണെന്ന് പറയുന്നു അവനവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനീൽ ആദിമുമായൊരാത്മനും അതൊക്കെ തത്വത്തെ പറയാണ് പിന്നെ അടുത്തു പറയുന്നത് എന്താണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ അത് വ്യവഹാരത്തെ പറയുന്നു മനസ്സിലാവുക ആ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വ്യവഹാരം നടത്തുമ്പോൾ വ്യവഹാരത്തിൽ എന്തുണ്ട് താൻ വേറെയാണ് അന്യന്മേരെയാണ് അപ്പൊ വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ എന്ത് വേണം നമ്മൾ പ്രവർത്തിക്കുന്നത് അന്യന് വേണ്ടിയിട്ടാണ് കാരണം വ്യവഹാരത്തിൽ താനും അന്യനും തത്വത്തിലില്ല അപ്പൊ അവരിൽ നിന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അത് അർത്ഥശൂന്യമായിരുന്നു എന്താണ് അതിന്റെ ദോഷം വരുന്നത് മനസ്സിലാകാത്ത ചെറു വിവരദോഷികളും തിരിച്ചു മറിച്ചു നോക്കിട്ട് വ്യക്തി അതായപ്പോ നോക്കുക എനിക്കറിയാം എന്റെ മുമ്പേ ഇരിക്കുന്ന ആള് ഞാനും ഒന്ന് ആ അറിയുന്ന എന്താണ് തത്വമാണ് തത്വമാണ് അവനു മനറിയുന്നതൊക്കെ ഓർത്താൽ ആദ്യമായ പക്ഷേ എന്റെ മുമ്പിലിരിക്കുന്നവൻ വിശക്കുന്നവനാണെന്ന് ഞാൻ അറിയുമ്പോൾ എന്നെ കുറിച്ച് അങ്ങനെ അറിയണമെന്നില്ല എന്തുകൊണ്ട് ഞാൻ വയറ് നിറഞ്ഞിരിക്കുന്നവനായി ആണോ ഞാൻ വയറ് നിറഞ്ഞിരിക്കുന്നവനായിരുന്നു അപ്പോ എന്റെ മുമ്പിലിരിക്കുന്നവൻ വിശക്കുന്നവനാണ് അപ്പൊ ഞാൻ ആർക്ക് ആഹാരം കൊടുക്കും ഏ അവനാരാ അതായത് താനാണ് അവിടെ താനാണെന്ന് പറഞ്ഞാൽ അവൻ ആഹാരം കൊടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എന്റെ പേര് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ തത്വവും വ്യവഹാരവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി ഈ പൊട്ടന്മാര് വ്യാഖ്യാനിക്കുമ്പോഴേ ഇത് മനസ്സിലാക്കാതെ വ്യാഖ്യാനം പുതിയ ബുദ്ധിയുള്ളവരെന്നുള്ള രീതി അതേ അബദ്ധമാണ് കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ വിശക്കുമ്പോൾ ഞാൻ വിശക്കണമെന്നില്ല ഞാൻ വേറെ നിറഞ്ഞിരിക്കണം അപ്പൊ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് വെച്ചാ വേറെ നിറഞ്ഞിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം വീണ്ടും തിന്നണം നടക്കും അവിടെ ഏൻ ചത്തു ഒരുപാട് കുത്തികയറ്റാൻ ചെയ്യും ചത്തും പോവും അതുകൊണ്ട് വ്യവഹാരത്തിൽ എന്ത് ആണ് ഞാൻ വേറെയാണ് അവരൻ വേറെയാണ് അപ്പം അവിടെ ഞാൻ നീ ഒന്നാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ലാത്ത കാര്യമാണ് മറ്റൊരു താത്വികമായ നിലപാടാണ് അപ്പം അവന് ആഹാരം കൊടുക്കണമെങ്കിൽ അവനെ എന്തായി തന്നെ കാണണം ഞാൻ അന്യനായി തന്നെ കാണണം ഞാനായി കണ്ടാ എനിക്ക് എന്തുവരും വിശപ്പില്ല എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ചദ്വൈതികൾ വരുത്തുന്ന വലിയ വിവരക്കേട് വിടയാണ് ഈ ഭാഗത്താണ് ഞാനും നീ ഒന്നല്ലേ അല്ല മനസിലായോ ഞാനെന്നെയും വേറെ വേറെയാണ് അതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ വിശക്കാതിരിക്കുമ്പം നിനക്ക് വിശക്കുന്നത് അപ്പൊ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തറിയണം നിന്നെ അന്നിനായിട്ട് എന്നെ അറിയണം അപ്പൊ ആ വ്യത്യാസമെന്ന് പറയുന്നത് എന്താണ് എന്താണ് ഞാനും നീയും ഒന്ന് ഗുരുവർ നൈവ ശിഷ്യ ഗുരുവും ശിഷ്യനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറയുന്നത് എവിടെ തത്വത്തിലേ ഉള്ളൂ ആ തത്വം ഒന്നാണ് അതുപോലെയുള്ള എന്താണ് അച്ഛനും അമ്മയും മക്കളും സഹോദരനും സഹോദരിയും എല്ലാം വേറെ വേറെ തന്നെയാണ് അവിടെ ഒന്നും അദ്വൈതമില്ല മനസിലാക്ക ആണും പെണ്ണും വേറെ വേറെ തന്നെയാണ് അവിടെയൊന്നും അദ്വൈതം വരത്തില്ല ഇവിടെയൊക്കെ അപരൻ എന്ന് പറഞ്ഞാൽ അന്യനെന്ന് തന്നെയാണ് അപ്പൊ ഇവിടെയാണോ പ്രവൃത്തിയുടെ കാര്യം വരുന്നത് അവിടെ അപരൻ എന്ന് പറഞ്ഞാ എങ്ങനെ മനസിലാക്കണം അന്യനെന്ന് പറയുന്നു അവിടെ തത്വം കൊണ്ടുവന്നു കഴിഞ്ഞ ഏ വ്യവഹാരം നടക്കില്ല എന്ന് നമുക്ക് ആർക്കും ഒരുപാട് ചെയ്യാൻ പറ്റില്ല കരയുന്ന ഒരുത്തന് സമാധാനം പറഞ്ഞു കൊടുക്കാം ഞാനും അവനും ഒന്നു തന്നെ ഞാൻ കരയുന്നില്ല അപ്പൊ ഞാൻ എന്നോട് സമാനം പറയും അവനന്യനാണെന്ന് കണ്ടേ അവന് നല്ല വാക്ക് പറയാൻ പറ്റും അപ്പോ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ് ഒരാശയം ഒരു തത്വം മാത്രമാണ് ആ തത്വത്തെ ഗ്രഹിക്കാം പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വരുമ്പോ എന്താണ് അവിടെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ അദ്വൈതത്തിന് യാതൊരു വിലയില്ല ഒരു മൂല്യമില്ലാത്ത സാധനമാണ് മനസിലാവും അനുസ്ഥാനം എവിടെയാള്ളത് നമ്മുടെ ചിന്തയിൽ മാത്രമേ നമ്മുടെ അറിവിലേ ഉള്ളൂ എവിടെ അനുസ്ഥാനമില്ല നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നു അതിന് യാതൊരു സ്ഥാനമില്ല ചിന്തയിൽ പോകുന്നുമില്ല കാരണം എന്റെ മുമ്പേ അന്യനാണെന്ന് ആദ്യം അറിയണം പിന്നെ അവൻ്റെ സുഖമോ ദുഃഖമോ എന്താണെന്ന് ഞാൻ അറിയണം ആ അന്യത്തെ ബോധത്തോടുകൂടി ഞാൻ എന്ത് ചെയ്യണം അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാലേ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവര സുഖത്തിനാകണം ഇല്ലെങ്കിൽ എന്തു ചെയ്യണം താൻ സുഖത്തിയിരിക്കണം അപ്പം തൻ്റെ സുഖമാണെങ്കിൽ പിന്നെ അവരെ സുഖം എന്ന് പറയുന്നൊന്നുമില്ലല്ലോ എല്ലാം താനും പിന്നെ അവരെ സുഖത്തിന് വേണ്ടി എന്ത് ചെയ്യാം െന്ന് പറയുന്ന വാക്ക് ഏതെങ്കിലും വിവരദോഷികൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ആരാണെന്ന് ഓർക്കുന്നില്ല അവരുടെ ഞാൻ എവിടെയോ ഞാനത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയണം അത് വലിയ അബദ്ധമാണ് നമ്മൾ ഒരു ദിനം കാണുമ്പോൾ നമുക്ക് ായി തന്നെ കാണാൻ പറ്റും ആ എനിക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണേ എന്താണ് എനിക്ക് വിശക്കുമ്പോ അടുത്തിരിക്കുന്നവന്റെ വായിൽ വാരി വെച്ചു കൊടുക്കും എനിക്ക് എന്തുകൊണ്ട് അവന് ഞാനും ഒന്നാണ് അവന്റെ വയര് നിറഞ്ഞാ മതി എന്റെ വിശക്കുമാണ് സ്ഥിരമതി തന്നെയാണ് മൂന്നുപേരും പിന്നെ ശരി